അവർ ചോദിക്കും നിങ്ങളുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി നിങ്ങളുടെ അടുക്കൽ വന്നിരുന്നില്ലേ അവർ പറയും അതെ അപ്പോൾ അവർ പറയും എങ്കിൽ നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കൂ സത്യനിഷേധികളുടെ പ്രാർത്ഥന വഴിപിഴച്ചതല്ലാതെ മറ്റൊന്നുമല്ല